ധ്യായം പതിനാല് അവർ നിന്റെ നടുവിൽ വച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവിയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും എരിശിലേമിനോട് യുദ്ധത്തിനായി വരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ക്ഷേദിക്കപ്പെടുകയില്ല എന്നാൽ യഹോവ പുറപ്പെട്ട് തൻ യുദ്ധദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാൽ കിഴക്കുള്ള ഒലിയുമലയിൽ നിൽക്കും ഒലിയുമല കിഴക്കുപടിഞ്ഞാറായി നടുവെ പിളർന്നുപോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും പോകും എന്നാൽ മലകളുടെ താഴ്വര ആസ്തൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും യഹൂദരാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്റെ ദൈവമായ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധന്മാരും വരും അന്നാളിൽ വെളിച്ചം ജ്യോതിർഗോളങ്ങൾ മറഞ്ഞുപോകും യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും അന്നാളിൽ ജീവനുള്ള വെള്ളം എരുശലമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറെ കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും യഹോവ സർവ്വഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും ദേശം മുഴുവനും മാറി ഗേബ മുതൽ എരുഷലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായിത്തീരും നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺഗോപുരം വരെ തന്നെ ഹനനേൽഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികളുള്ളതാകും അവർ അതിൽ പാർക്കും ഇനി സംഹാരശപഥം ഉണ്ടാകയില്ല എരുശലേം നിർഭയം വസിക്കും എരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത് അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും അവർ ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും യഹൂദയും എരുശിലേമിൽ വെച്ച് യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും അങ്ങനെ ഈ പാളയത്തിലുള്ള കുതിര കോവർക്കെഴുത ഒട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും എന്നാൽ എരുശലമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളുടെ ഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യരുസലമിലേക്ക് വരാത്തപക്ഷം അവർക്ക് മഴയുണ്ടാകയില്ല മിസ്രൈം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകയില്ല കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രൈമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇതുതന്നെ അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും യരുസലേമിലും യഹൂദിയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും അന്നു മുതൽ സൈന്യങ്ങളുടെ ഹൊവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകയില്ല